അവസാനിപ്പിക്കാനായിട്ട് സമയമായല്ലോ നമുക്ക് പ്രാർത്ഥിച്ച മീറ്റിങ് അവസാനിപ്പിക്കാം നാം വളരെ നമുക്ക് ആവശ്യമുള്ളതും വളരെ പ്രസക്തവുമായ ദൈവവചനങ്ങളാണ് നാം ഇന്ന് കേട്ടുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ഈ സമയങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ സഭയിലും ഇവിടെ ആയിരിക്കുന്ന ആളുകൾക്കും ഇത് വളരെ ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ സഭയിൽ ഇപ്പോൾ പുതുതായിട്ടൊക്കെ പലരും കടന്നു വരുന്നുണ്ട് പുതുതായിട്ട് കടന്നു വരുമ്പോഴും ദൈവ വചനത്തിൽ ദൈവം വച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത അവർക്കും ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് ഈ ധനവാനായ ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ ആ ചെറുപ്പക്കാരന് ചെറുപ്പക്കാരനെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥമായ ബോധ്യത്തിൽ ഒരു അനിതാപഹൃദയത്തോടെ ആവശ്യബോധത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കുക അതായിരുന്നു അവനെ സ്നേഹിച്ച് ദൈവം പലപ്പോഴും ഒരു ആവശ്യബോധത്തിലല്ല ദൈവത്തെ അന്വേഷിക്കാനായിട്ട് ആളുകൾ വരാറുള്ളത് യഥാർത്ഥത്തിലുള്ള ഒരു ആവശ്യബോധത്തിലല്ല ഒരു സഭയിൽ വരുന്നതും ചിലപ്പോൾ അവിടെ പ്രശ്നമുണ്ട് ആ സഭയിൽ പ്രശ്നമുണ്ട് ഈ സഭയിൽ പ്രശ്നമുണ്ട് എന്നാൽ ഇവിടെ ഇവിടെ പ്രശ്നം എന്നാൽ ഇങ്ങോട്ട് വരാം എന്നാൽ അതിനപ്പുറത്ത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ആവശ്യബോധത്തോടെ കർത്താവെ എനിക്ക് എന്നെക്കൊണ്ട് കഴിയുന്നില്ല യഥാർത്ഥത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ആന്തരികമായി അങ്ങേ പ്രീതിപ്പെടുത്തുന്ന ഒരു ജീവിതം കർത്താവെ മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ അംഗീകാരത്തിന് അപ്പുറത്ത് എൻ്റെ ഹൃദയം കൊണ്ട് അങ്ങേയെ പിൻപറ്റുന്ന അങ്ങേയെ സേവിക്കുന്ന അങ്ങേക്ക് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതം അത് എന്നെക്കൊണ്ട് കഴിയുന്നില്ല എനിക്ക് ദൈവമേ എനിക്ക് എന്നെ സഹായിക്കണമേ അങ്ങനെ എന്നെ സഹായിക്കുന്ന ഒരു സഭ എവിടെയുണ്ട് അങ്ങനെ എന്നെ സഹായിക്കുന്ന ദൈവവചനങ്ങൾ എനിക്ക് എവിടെ കിട്ടും അതിനുവേണ്ടി ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവരെ ദൈവം സഹായിക്കും നമ്മൾ ലുക്കോസ് അഞ്ചു മുപ്പത്തി ഒന്നാം വാക്യം യേശു അവരോട് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമില്ല എന്നവിടെ വായിക്കുന്നു അത് മലയാളത്തിൽ അത്ര വ്യക്തമല്ല ഇംഗ്ലീഷിൽ എന്നാൽ കുറച്ചും കൂടെ വ്യക്തമാണ് ഇറ്റ് നോട്ട് ദോ സു ആർ വെൽ ഹു നീഡ് എ ഫിസിഷ്യൻ ഇറ്റ് നോട്ട് ദോ സു ആർ വെൽ ഹു നീഡ് എ ഫിസിഷ്യൻ നല്ല ആരോഗ്യമുള്ള ആളുകൾക്കല്ല ഒരു വൈദ്യൻ ആവശ്യമുള്ളത് പക്ഷേ ബട്ട് ദോ സു ആർ സിഖ് എന്നാൽ രോഗികളായിരിക്കുന്ന ആളുകൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സൗരസവന്മാരായ നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭത്തിലാകട്ടെ തുടർമാനമായി കർത്താവ് എനിക്ക് എനിക്ക് കുറവുണ്ട് കർത്താവ് ഞാനൊരു രോഗിയാണ് കർത്താവ് എനിക്ക് അങ്ങയുടെ സൗഖ്യം എനിക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കളേക്ക് വരുമ്പോൾ കർത്താവ് അങ്ങനെയുള്ളവരെ കർത്താവ് വെൽക്കം ചെയ്യുന്നു അങ്ങനെയുള്ളവരെ കർത്താവ് സഹായിക്കുന്നു അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ രൂപാന്തരമുണ്ടാവുന്നു അവരെ ദൈവം നിരാശപ്പെടുത്തുന്നില്ല എന്നാൽ പലപ്പോഴും നമ്മൾ ഈ ലോകത്തിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെയല്ല കാണുന്നത് ലോകത്ത് ചെല്ലുമ്പോൾ ഇവിടെ ഇവിടെയും കുറേ ലോകത്തിൻ്റെ മുമ്പിൽ വലിയ ആൾക്കാരുണ്ട് ഇവിടെ പിന്നെ ഒന്നിനുണ്ട് പി എച്ച് ഡിക്കാരുണ്ട് പി എച്ച് ഡി പഠിക്കുന്നവരുണ്ട് ഡോക്ടർമാരുണ്ട് ലോകത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവർ സാറേ സാറേ സാറേന്ന് വിളിക്കും വിളിക്കുമ്പോൾ നമ്മൾ കയറിപ്പോകരുത് ചിലര് മാഡം മാഡം മാഡം എന്ന് വിളിക്കുമ്പോൾ ഒരു മതം പിടിക്കരുത് നമ്മളെ നമ്മൾ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ബോധ്യത്തോടെ കർത്താവേ ഞാൻ എന്താ ഞാൻ എന്താ കർത്താവേ ഞാനൊന്നുമില്ല എന്നുള്ളൊരു ബോധ്യത്തിൽ എൻ്റെ ഈ ലോകത്തിൽ ലോകത്തിലെ വലിയ കാര്യം അതൊരു ഒരു എൻ്റെ പി എച്ച് ഡി ആണോ നിൻ്റെ ക്വാളിഫിക്കേഷൻ ആണോ നിൻ്റെ മുമ്പിലുള്ള പേരിൻ്റെ മുമ്പിലുള്ള പട്ടം പുറകിലുള്ളതോ എന്തൊക്കെയാകട്ടെ അതൊക്കെ ഒരു മണ്ണാങ്കട്ടിയാണ് എന്നുള്ള ഒരു ഒരു ഒരു ചിന്തയിൽ കർത്താവെ ഞാനൊന്നുമല്ല ഞാനാരുമല്ല എൻ്റെ ജീവിതത്തിലുള്ള കർത്താവെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ യഥാർത്ഥത്തിൽ അങ്ങിയുടെ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ആളുകളൊക്കെ ഇത്രയും പറയുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ എത്ര ശൂന്യതയാണ് കർത്താവെ പല കാര്യങ്ങളിലും അത് യാഥാർത്ഥ്യമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എന്നെ സഹായിക്കണം എനിക്ക് സഹായം ആവശ്യമാണ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുക്കിലേക്ക് സഹായം ആവശ്യമാണെന്ന് പറഞ്ഞ് ദൈവസഭയിലേക്ക് വന്നാൽ അങ്ങനെയുള്ളവർക്ക് ആശ്വാസം ലഭിക്കും ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും അധ്വാനിക്കുന്നവരും ഭാരം നിങ്ങൾ എൻ്റെ അടുക്കൽ വരുകയും അങ്ങനെയൊരു നമ്മുടെ ജീവിതത്തിൽ ഉള്ള ഈ കാര്യങ്ങളെയൊക്കെ കണ്ട് ഒരു അധ്വാനത്തോടെ ഭാരത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരികയാണെങ്കിൽ കർത്താവ് പറയും ഇതാ നിനക്ക് ആശ്വാസമുണ്ട് നിനക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകാം അല്ലാതെ ഇപ്പോൾ ഈ ധനവാനെ പോലെ വന്നാൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് യേശുവിൻ്റെ അടുക്കൽ നിന്ന് ധനവാൻ പോയതുപോലെ ഇവിടെയും ആ ഒരു മനോഭാവത്തോടുകൂടെ വന്ന ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് നമ്മൾ തിരികെ പോകും നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ ഈ വഴിയിൽ കർത്താവ് വച്ചിരിക്കുന്ന കർത്താവ് പറയുന്ന ഈ ഒരു വഴിയിൽ നമുക്ക് വന്ന് ആ വഴിയിലൂടെ പോയി നമുക്ക് കർത്താവ് നൽകുന്ന ആശ്വാസം ദൈവസഭയിലും നമുക്ക് ആ രീതിയിൽ ഇതെൻ്റെ ഒരു കുടുംബമാണ് എൻ്റെ ഭവനമാണ് എന്ന് കണ്ടെത്തി നമുക്ക് അന്യോന്യം നമ്മളൊക്കെ വലിയ ഈ ലോകത്തിലും മറ്റുള്ളവർക്കും ഒക്കെ വലിയ ആൾക്കാരാണെങ്കിൽ നമ്മളിവിടെ വന്ന് ഇവിടെയുള്ള നമ്മുടെ എളിയ സഹോദരന്മാരെയൊക്കെ കാണുമ്പോൾ അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കാൻ നമ്മുടെ നമ്മുടെ നമ്മളെക്കുറിച്ചുള്ള വലിയ ചിന്തകളൊക്കെ വെടിഞ്ഞ് നമുക്ക് ഇവിടെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാനുണ്ട് ഇവിടുത്തെ ടോയ്ലറ്റ് കഴുകാനുണ്ടോ ഓക്കെ ഞാൻ അതിന് തയ്യാറാണ് നമ്മൾ ലോകത്തിൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ഇങ്ങനെ ചെറിയ നിന്ന് ലോകം ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ശീലിക്കുന്നത് നല്ലതാണ് നമ്മളെക്കുറിച്ച് തന്നെയുള്ള വലിയ ചിന്ത നമുക്ക് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യമാണെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ കഴുകുന്ന സഹോദരന്മാരൊക്കെ ഒന്ന് ട്രെയിനിങ്ങൊക്കെ നിങ്ങൾക്ക് നൽകും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നമ്മൾ ഒരു ഒരു ഒരു ഡൗൺ ടു എർത്തായിട്ട് പ്രായോഗികമായിട്ട് നമ്മളെക്കുറിച്ചുള്ള ഈ ഒട്ടകത്തിൻ്റെ പുറത്തുള്ള ഹമ്പുണ്ടല്ലോ ഒരു ഹമ്പ് ആ ഒട്ടകത്തിൻ്റെ പുറത്ത് പൊങ്ങി നിൽക്കുന്ന നമ്മളെക്കുറിച്ചുള്ള വലിയ ചിന്തകൾ നമ്മളെക്കുറിച്ചുള്ള വലിയ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഇതെല്ലാം നമ്മൾ അതുകൊണ്ട് നമുക്ക് ഈ സൂചിക്കുഴയിലൂടെ കടക്കാനായിട്ട് പറ്റില്ല എന്നാൽ അതുമായിട്ട് കർത്താവെ കർത്താവേ എനിക്ക് സഹായം ആവശ്യമാണ് എന്ന് പറഞ്ഞ് നമ്മൾ വരുമ്പോൾ കർത്താവ് നമ്മളെത്ര ആർദ്രതയോടെ കരുണയോടെ സ്നേഹത്തോടെ നീ എൻ്റെ അടുത്തേക്ക് വാ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം ഞാൻ നിന്നെ വിടുവയ്ക്കുക മനുഷ്യർക്ക് അസാധ്യമാണ് നിനക്ക് തന്നെ അസാധ്യമാണെന്ന് തോന്നുന്നു എന്നാൽ ഞാൻ നിന്നെ ചെറുതാക്കാം ഞാൻ നിന്നെ ചെറുതാക്കാം ബ്രദർ പറഞ്ഞു അത് സൂചിക്കൂടെ വലുതാക്കുകയല്ല എന്നാൽ കർത്താവ് ഞാൻ നിന്നെ ചെറുതാക്കാം എന്ന് കർത്താവ് പറയുന്നു ആ വഴിയെ പോകാൻ ഇടുക്കവും ഞെരുക്കവുമുള്ള ഇടുക്കമുള്ള വാതിലൂടെ കടന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇടുക്കമുള്ള വാതിലിലൂടെ ഞാൻ കടന്നു പക്ഷേ വഴി വിശാലമാണ് ഇടുക്കമുള്ള വാതിലും വഴിയും ഇടുക്കമുള്ളതാണ് ഞെരുക്കമുള്ള ആ വഴിയിലൂടെ നമുക്ക് മുമ്പോട്ട് പോയി നിത്യജീവെങ്കിലേക്ക് നമുക്ക് പോകാം ആ പോകുമ്പോൾ സഹയാത്രികരായി നമുക്ക് ആ വഴിയെ പോകുന്ന സൗകര്യ അവരും നമ്മെ സഹായിക്കും കർത്താവ് നമ്മെ സഹായിക്കും ശക്തീകരിക്കും നമുക്ക് ഈ ഉത്സ ഉത്സാഹത്തോടെ നമുക്ക് ഇന്ന് മടങ്ങിപ്പോകാം നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം ദൈവത്തിന് നന്ദി പറയാം കർത്താവ് നമ്മെ കേൾപ്പിക്കുന്ന വചനങ്ങൾക്കായിട്ട് ദൈവത്തിന് മുമ്പാകെ നന്ദി പറയാം ദൈവത്തെ നമുക്ക് വലിയവനായിട്ട് കാണാം ദൈവത്തെ വലിയവനായിട്ട് കാണുമ്പോൾ ഞാനെത്ര എത്ര നിസ്സാരനാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വരും ദൈവത്തിൻ്റെ പജനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഏത് മനുഷ്യനും ഏത് മനുഷ്യനും ഇന്നിവിടെ ഞാൻ ആ കാറ്റഗറിയിലല്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവവാചനം പറയുന്നത് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ തന്നെ പ്രത്യാശയുടെ ദൈവവാചനം പറയുന്നുണ്ട് കർത്താവ് പറയുന്നു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ ലോകത്തിൽ വന്നിരിക്കുന്നു ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലൂയ ഹാലേ ലുയ നമ്മെ പ്രകാശിപ്പിക്കുവാൻ നമ്മെ ജീവനിലേക്ക് നടത്തുവാൻ ഹാലേ ലുയ നമുക്ക് സൗഖ്യം നൽകുവാൻ രോഗിയായിട്ട് നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ ഹാലെ ലുയ നമുക്ക് കർത്താവ് സൗഖ്യം തരുകും കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കും കർത്താവ് നമ്മെ ശക്തീകരിക്കും കർത്താവ് നമ്മെ മാറ്റും നമുക്ക് ഈ ഒരു വിശ്വാസത്തോടെ പ്രിയമുള്ളവരെ നമുക്കിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം ഹാലേ ലുയ്യ ഹാലേ ലുയ നമുക്ക് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം ദൈവം നല്ലവനാണെന്ന് നമുക്ക് ഏറ്റുപറയാം അവിടുന്ന് വലിയവനാണെന്ന് നമുക്ക് ഏറ്റു പറയാം ഹാലേ ലുയ ായിട്ട് ഒരുക്കിയിരിക്കുന്ന എല്ലാ സിംഹാസനങ്ങളെയും നമുക്ക് ഉടച്ചു കളയാസനത്തിൽ മാത്രം വരട്ടെ നമ്മുടെ എല്ലാ മറ്റുള്ളവർ നമ്മെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ആ സിംഹാസനത്തിൽ നിറക്കിയിടാം കർത്താവെ അങ്ങ് മാത്രമാണ് വലിയവൻ അങ്ങ് മാത്രമാണ് വലിയവൻ ഹാലേ ലുയുലു എനിക്ക് ഈ വഴിയെ പോകണം കർത്താവെ ഈ വഴിയെ ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അതെ കർത്താവെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം